അപ്പോ ദാതവ്യമിതിയ ദാനം കൊടുക്കണം ഫലേച്ചല്ല കൊടുക്കുന്നതിനുള്ള സന്തോഷമാണ് അതിന്റെ വലിയ ഫലം ആനന്ദമായിട്ട് സന്തോഷമായിട്ട് കൊടുക്കണം ആർക്ക് കൊടുക്കണു അനുപകാരിണി നമുക്ക് എന്തെങ്കിലും അപ്പൊ നമ്മൾ വിളിച്ച ഒരു വരും എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല അയാൾ ആ കണ്ടു അപ്പൊ കൊടുത്തു മറന്നുപോയി കഴിഞ്ഞു ദേശേകാലേ ചപാത്രേ ചാനം സാത്വികം സ്മൃതം ഇനിയിപ്പോ രാജസദാനം എന്താ അത് നമുക്ക് കുറച്ച് അറിയാം അടുത്ത ശ്ലോകം യത്ത് പ്രത്യുപകാരാഥം ഫലമുദ്ദിശ്യ പുനഃ ദീയത്തെ ചരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം പ്രത്യുപകാരാർത്ഥം എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഫലമുദ്ദിശ്യവ അല്ലെങ്കിൽ ഇത് കൊടുത്താൽ എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുണ്യം കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചുകൊണ്ട് ദിയതെച്ച പരിക്ലിഷ്ടം ഒരു വിഷമത്തോട് കൊടുക്കേണ്ടി വരണു ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗപ്പെടുന്ന സാധനമാണ് കൊടുക്കേണ്ടി വരണു വേണോ വേണ്ടയോ വേണോ വേണ്ടയോ ആലോചിച്ച് ആലോചിച്ച് പോട്ടെ കൊടുത്തു അവസാനം ഖേദ എന്നാണ് അത് കൊടുക്കുമ്പോ വാങ്ങിക്കണ ആൾക്ക് ഇത്തിരിയെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അയാൾ വാങ്ങിക്കില്ല എന്താന്ന് വെച്ചാൽ കൊണ്ടുപോ ഖേദ സംയുക്തം ദീയതേജ് പരിക്ലിഷ്ടം മനസ്സിൽ സന്തോഷല്ല ആനന്ദല്ല കൊടുക്കുമ്പോ ആ വാങ്ങിക്കണ ആളുണ്ടല്ലോ ഈ ഷുഡ് ഫീൽ അതാണ് വൈദിക സമ്പ്രദായം കൊടുക്കുമ്പോ വാങ്ങിക്കണ ആളുടെ അടുത്ത് അപ്പാ നീ വാങ്ങിച്ചുവല്ലോ ദാനം എന്ന് പറഞ്ഞിട്ടാണ് ദക്ഷിണ കൊടുക്കുന്നത് ദാനത്തിന് ദക്ഷിണ ഈ ദാനം ആര് വാങ്ങിക്കണോ അയാൾക്ക് ദക്ഷിണം സ്വീകരിച്ചുവല്ലോ അങ്ങനെ ചെയ്യുന്ന ദാനം ഉണ്ടല്ലോ അത് രാജസംസ്മൃതം അത് രജോ ഗുണസയുക്തം ലോകത്തിലെ കുറേ അധികം ദാനം അങ്ങനെയായിരിക്കും കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കാം കൊടുക്കുമ്പോ സന്തോഷവും ഇല്ല ആളുടെ അടുത്ത് ഒരു ബഹുമാനവും ഇല്ല ഇപ്പൊ ശാദ്ധത്തക്കെല്ലാം നെറിയ കൊടുക്കപ്പെടത്ത് നെറപ്പ കൊടുക്കണമേ ഇതെല്ലാം വാദ്യർ ലിസ്റ്റ് പോട്ട് കൊടുത്തിരിക്കാൻ എന്നത് എപ്പോതാ കൊടുക്കറ എ സന്തോഷമാളസ്പെക്ടും ഇല്ല വന്നിരിക്കാ അത് ദാനം വരക്കേ ചലമ അത് അത് എന്ന കർമ്മയും പണിവിട്ട് അപ്പം ഇഫക്ട് ഇല്ലാ പണി നമുക്ക് തന്നെ നഷ്ടം കർമ്മ ശ്രദ്ധയാസാധു പോകുമ്പോൾ പണ്ടവനോട് ഹൃദയത്തിലേ ശ്രാദ്ധം തരദ്യാ പറയാ തപ്തം ശ്രദ്ധയോട് നാം ഏതോ പഠിക്ക റിസൾട്ട് ഈസ് ഔൺ യു ഹൃദയം വിശാല ആഹൃത് കൊടുക്കം കൊടുത്തിരിക്കാനെ സന്തോഷപ്പെട്ടു കോർ തുണി കൊടുത്താ വാങ്ങിക്കാൻ ആളുണ്ടല്ലോ അന്നം കൊടുത്താ വാങ്ങിക്കാൻ ആളുണ്ടോ ഭക്ഷണം കൊടുത്ത വാങ്ങിക്കാൻ ആളുണ്ടല്ലോ കൊടുത്ത് കൊടുത്ത് സന്തോഷിക്കണം സപ്തമ സ്കന്ധത്തിലെ ഗൃഹസ്ഥ ധർമ്മം പറയുമ്പോ നാരദൻ പറഞ്ഞു ഒരു ഗ്രഹസ്ഥൻ എത്രയോ സമ്പാദിക്കട്ടെ ഈ സമ്പാദിച്ചതൊക്കെ അയാൾക്ക് സ്വത്വം എൻറെ എന്ന് പറയാൻ കുറച്ച് അധികാരമുണ്ട് എത്രയാന്ന് വെച്ചാൽ യോഭിമന്യേത സസ്തേനു ദർഹത്തി വയറ് നിറയ്ക്കാനുള്ളത് എന്റെ ആണ് പിന്നെ കുറെ അധികം വരണു അത് ആർക്കാർക്ക് ഉപകാരപ്പെടുവോ അവിടെയൊക്കെ പോട്ടേന്ന് അത് ഭക്തിയാണ് ഈ ദാനം യജ്ഞം തപസ് ഒക്കെ ഇപ്പോൾ പറയണതൊക്കെ ഭക്തിയാണ് ഭക്തിയുടെ ചര്യാണ് ഭക്തിയോഗത്തിന്റെ ക്രിയായോഗമാണ് ഇതൊക്കെ ചര്യാണ് നമ്മൾ ഭഗവാനു കൊടുക്കണു എന്ന് പറഞ്ഞ് കൊടുക്കുക പ്രത്യുപകാരം ഉദ്ദേശിച്ചല്ല ഫലം ഉദ്ദേശിച്ചല്ല വിഷമം കൊണ്ടല്ല സന്തോഷമായിട്ട് ആനന്ദമായിട്ട് അടുത്ത ശ്ലോകം അദ്ദേശകാലം അപാത്രേഭ്യീയത്തെ അസത്കൃതമവ്ഞാതാമസുദാഹൃദം ദേശകാലം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പുണ്യദേശം സംക്രാന്തി മുതലായ കാലങ്ങൾ ഇതൊക്കെ വൈദിക സമ്പ്രദായത്തിൽ അതായത് അവരിന്നെ സമയം കണ്ടുവച്ച് അതിലൊക്കെ ഈ ദാനം ചെയ്യിപ്പിക്കാനായിട്ട് സമയങ്ങൾ സംക്രാന്തി മുതലായ സമയം ഇന്നന്ന ദേശം ഗുരുക്ഷേത്രം മുതലായ സ്ഥലങ്ങൾ എന്നൊക്കെ ഭാഷ്യക്കാരൻ പറഞ്ഞിട്ടുണ്ട് ദാനം സാത്വികമായി ഫലേച്ഛയില്ലാതെ ചെയ്യുമ്പോ അദ്ദേശകാലേ എന്നു വച്ചാൽ ഇപ്പൊ അമേരിക്കയിൽ പോയി ഭിക്ഷ കൊടുക്കണോ നമ്മള് ഒരു വലിയ ആൾക്ക് അയാൾക്ക് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഇഷ്ടം പോലെ പാചകം ചെയ്തിട്ട് വന്നിരിക്കണോ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കും ഞങ്ങളുടെ വീട്ടിൽ ഉമ്മരത്തെ ഒരു ഭിക്ഷക്കാരം വന്ന് വിശക്കണമ്മാ എന്ന് പറഞ്ഞാൽ കൊടുക്കല ഇയാൾക്ക് അല്ലെങ്കിൽ തന്നെ തകട്ടിയിട്ടാണ് ഇരിക്കണത് അയാളെ പിടിച്ചിരുത്തി കുറെ വിളമ്പിട്ട് എന്ത് കാര്യം പാത്രത്തില് ഭിക്ഷ കൊടുക്ക ബാക്കി പണം കൊടുക്കാനോ മറ്റു ദാനം കൊടുക്കാനോ ഒക്കെ ഇയാൾ പാത്രമാണോ നോക്കണം ഒരു ഭഗവത്ഗീത പുസ്തകമാണോ കൊടുക്കണമെങ്കിൽ വായിക്കാൻ അറിയോന്ന് നോക്കണം ക്ഷുതിതം പാത്രം അന്നസ്യ ക്ഷുദിതം പാത്രം വിശപ്പിന് മാത്രം അന്നത്തിന് മാത്രം ആർക്ക് വിശപ്പുണ്ടോ അവൻ അധികാരി വിശപ്പോ കൂടെ പോയാൽ അന്നം കൊടുക്കാം സിഖ് റിലീജിയനിൽ അവർക്ക് മുഴുവൻ അവരുടെ ഗുരുദ്വാര പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവർ ഭക്ഷണം കൊടുക്കും നമ്മളുടേതേ വൈഷ്ണവ സമ്പ്രദായത്തില് ഇപ്പോ കർണാടകത്തില് അമ്പലത്തിൽ പോയാലും ഭക്ഷണം കിട്ടും ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ് എല്ലാ പ്രാണികൾക്കും ആവശ്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കർണാടകത്തിലെ ബസവേശ്വർ കർണാടക ശൈവത്തിന്റെ പരമഭക്തനായ ഒരു മഹാത്മാ അവരൊക്കെ ശിവഭക്തന്മാർ പ്രഭുലിംഗലീല എന്ന് പറഞ്ഞ അത് ചരിത്രം അതിലേ ബസവേശ്വരൻ എല്ലാവരെയും ശിവസ്വരൂപമായി കണ്ട് എല്ലാവരുടെ ഉള്ളിലും ഹൃദയത്തിൽ അന്തരീയാമിയായിരിക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ട് സേവ ചെയ്യാം അപ്പൊ അവര് എല്ലാവർക്കും അന്നം കൊടുക്കും ഭക്ഷണം അപ്പോ എല്ലായിടത്തും ഒരു ഒരു ഒരു സൗകര്യാർത്ഥ ഒരു വകുപ്പൊക്കെ വയ്ക്കുമല്ലോ അപ്പൊ ഇവർക്ക് ഈ ശൈവന്മാര് കഴുത്തില് ശിവലിംഗം ധരിച്ചവര് കഴുത്തില് ശിവലിംഗം ധരിച്ചവര് അകത്ത് കൂട്ടിക്കൊണ്ടുപോയി പൂജ ചെയ്ത് അന്നം കൊടുക്കും ബാക്കിയുള്ളവർക്ക് ശാപ്പാട് കൊടുക്കും പുറത്തു കൊടുക്കും ഇപ്പൊ രമണാശ്രമത്തില് എല്ലാ ഭിക്ഷുകൾക്കും ഭിക്ഷ കൊടുക്കും അതിപ്പോ എല്ലാവർക്കും കഴിക്കാം ഉള്ളിലുള്ളതും പുറത്തുള്ളതും വലിയ വ്യത്യാസമൊന്നുമില്ല അവിടെ എല്ലാം ഇട്ടിട്ട് വിളമ്പും ഇവിടെ പുറത്ത് എല്ലാവർക്കും കൊടുക്കും ആർക്കും വേണമെങ്കിലും കയ്യിൽ വാങ്ങിക്കാം പാത്രത്തില് വാങ്ങിക്കാം അത് പുതുക്കും അപ്പൊ ഈ ബസവേശ്വരന്റെ ഈ മന്ദിരത്തില് രണ്ട് സാധുക്കൾ വന്നു അവിടെ നല്ല വിശക്കണിപ്പാ ഉള്ളിൽ പോകാൻ നിന്നപ്പോൾ ഒരാളെ തടുത്തു തടുത്ത് പറഞ്ഞു ഉള്ളില് ശാപ്പാട് കഴിക്കാൻ ഇപ്പൊ പോകാൻ പറ്റില്ല ലിംഗദീക്ഷ കഴിഞ്ഞവർക്ക് അങ്ങനെ പറഞ്ഞ എന്താ അതൊരു ഉപദേശമൊക്കെ കഴിഞ്ഞ് കഴുത്തില് ലിംഗം ധരിക്കണം അപ്പൊ എല്ലാവരുടെയും കഴുത്തിൽ നോക്കിയപ്പോ എല്ലാരും എന്തോ അപ്പോ ഉമ്പരത്ത് നിക്കണ്ടാവും ആളുകൾ അപ്പൊ വരണ ഒരാളോട് ചോദിച്ചു നീങ്ങ റൂം തങ്കറകളാ ഉള്ള തങ്കരവാൾക്ക് താ ഉള്ള ചാപ്പാട് നിങ്ങതാ റൂം കൊടുക്കമാങ്കൾ കൊടുത്താ തങ്ങ ഇവര് വിശന്നിട്ട് പോയപ്പോ അവര് പറഞ്ഞു ഈ ലിംഗം ധരിച്ചാലേ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ ിംഗം അങ്ങനെയൊന്നും കിട്ടില്ല അപ്പൊ അതൊക്കെ ദീക്ഷ ഗുരുമുഖമായിട്ട് ഉപദേശമൊക്കെ വാങ്ങിക്കണം എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തു നിൽക്കൂ അകത്തെ മന്ത്രമൊക്കെ ചൊല്ലി ശ്ലോകങ്ങളൊക്കെ ചൊല്ലി എല്ലാവർക്കും സമയത്തിന് കിട്ടുവാോ എല്ലാം പുറത്തു വരുവോ ചിലതൊക്കെ ഉള്ളിലുള്ളതൊന്നും പുറത്തു വരില്ല അത് വേറെ വേറെ വകുപ്പ് അപ്പൊ എന്താ മുഴുവൻ കിട്ടുവാവോ എന്നൊക്കെ ടെൻഷൻ അപ്പൊ ഇവര് നോക്കി ഇങ്ങനെ നോക്കിയപ്പോ പച്ചക്കറി നുറുക്കി നുറുക്കിട്ട് കൊറേ വഴിതിരിങ്ങ ഈ അവിടെ ഈ കത്തിരിക്ക അതിങ്ങനെ എടുത്തിട്ട് തുണിയിൽ പൊതിഞ്ഞു എന്നിട്ട് കഴുത്തിൽ രണ്ടുപേരും കൂടെ കെട്ടി കത്തിരിക്ക കഴുത്തിൽ കെട്ടിട്ടു കെട്ടിൻ്റെ ഉള്ള പോയിട്ടാം ആ ഏതോ തെരിയില്ലേ പോലെ ഉള്ള ഇട്ടിട്ട പോയി ഇരുന്നു എല്ലാവരുടെ കൂടെ നല്ല സമൃദ്ധമായിട്ട് ലഡു മൈസൂർപ്പവും അത് ഇത് എന്തൊക്കെയോ വരണു അത് രസം ചാപ്പാടൊക്കെ വരണോ ഇവർ പറഞ്ഞൂടെ നമ്മൾ മാത്രം ഉള്ളിൽ വന്നിട്ടില്ലെങ്കി എത്ര വലിയ നഷ്ടമാവും വെളിയിൽ തൈര് ചാധവും പുളിയും ചാദവും മാത്രം വരും നോക്കുപ്പ എന്തൊക്കെയാ വരണത് ഉള്ളിലെ ചാപ്പാട് എന്നാ വിധവിധമാ വരത് പര് ചാപ്പാട് കൈ വെക്കാൻ പോയപ്പോ ഒരാൾ പറഞ്ഞു നിക്ക് നിക്ക് നിൽക്ക് ആയിട്ടില്ല ഓ എന്തോ ഉണ്ടെന്നോ ഇത് നോക്കുമ്പോഴാണ് ഇവർക്ക് ഷോക്ക് എന്താന്ന് വെച്ചാൽ ബസവേശ്വരൻ വരണു ഗുണ്ട ഒരു പിന്നെ വന്നിട്ടിരിക്കും സാപ്പിറവാട്ട് ഓരോരുത്തർ കിട്ട പോയി ലിംഗത്തെ പൂജ പണി അവർ അവക്ഷണ കൊടുത്തൂട്ടും വർഷമാട്ടോ വന്നിട്ടോമേ വെളിയിലെ തൈര് സാധമാവത് കിടച്ചാ കിടക്കുമോ പക്കാർ അവിടുക്കാട്ട് കത്തിരിക്ക പൂജ പണേ സാമി കത്രിക ബസവേശ്വര ലിംഗത്താനേ കട്ട് അവ അവിട്ടാ അവർ ജലത്തെ വിട്ടാ പുഷ്പത്തെ പോയിട്ട് ഇവർക്ക് ഒരേ ആശ്ചര്യം അവിടുത്തെ കത്തിരിക്ക അപിയേ പാത്തേ ലിംഗമാക്കിംഗം അവർ വന്ന് ഇത് ഇവ പൊയ്യ നനക്കല ഭക്താ നെനച്ചാവസം ശുദ്ധി അത് ഒപജക അപ്പൊ കൊടുക്കാനം ഭഗവാനുക്ക് നനച്ച കൊടുക്കണം യാോഗ്യത ഇരിക്കയോ അവസത്കൃതം അവജ്ഞാതം അവര് അവരെ അപമാനിച്ചു കൊണ്ട് കൊടുക്കരുത് അവജ്ഞയോട് നോക്കിക്കൊണ്ട് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ താമസം അത് തമോമയമായ ദാനമായിട്ട് തീരും ഇനി തപഃപ്രഭൃതീനു അയം ഉപദേശം ഉച്ച യം ദൊക്കെ കിട്ടാനായിട്ട് എന്തുവേണം വേണം എന്ന് പറയാം ഇങ്ങനെയാ ദാനം കൊടുക്ക നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധസ്മൃത പു ഓ തത്സദ്ദേശ നാമനിർദ്ദേശോ ബ്രഹ്മണ സ്മൃത വേദന് ബ്രഹ്മവിദ്ധി ഓം തത്സദ് അബിന്താനേ നമ്മ സമ്പ്രദായമേ കൊടുത്താൽ വാങ്ങിക്കോത് ഓം തത് സത് അത് പ്രമാണി ഗീതാവാക്യം ഏം തത് സത് വാങ്ങിക്കീത ആ കർമ്മം സഫലമായി എപ്പോ ഓം തത് സത് ബ്രഹ്മം സത് സത്യമായിട്ട് തീർന്നു ദാന ഫലം പൂർണമായി അവിടെ നിർദ്ദേശ ത്രിവിധ ബ്രഹ്മണ നാമനിർദ്ദേശ ചിന്തി വിധത്തില് ബ്രഹ്മത്തിന്റെ നാമം അതുകൊണ്ട് ഓം തത്സദ് എന്നുള്ളത് ബ്രാഹ്മണൻ വേദം യജ്ഞം ഈ മൂന്നും വിധിക്കപ്പെടുന്നു അതുകൊണ്ട് തസ്മാ ഓ പ്രവർത്തോക് സതകവാദി തസ് അതുകൊണ്ട് ഓദാഹൃത് ഓം എന്നുച്ഛരിച്ചു കൊണ്ട് യം ദ മുതലായിട്ടുള്ള ക്രിയകളൊക്കെ തന്നെ നടക്കുന്നു ശാസ്ത്രവിധാനത്തിൽ എപ്പോഴും ബ്രഹ്മവാദികളുടെ സഭയിൽ അങ്ങനെയാണ് ഈ യജ്ഞം ദാനം തപസ് മുതലായിട്ടുള്ളതൊക്കെ ഓം തത്സ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യപ്പെടുന്നത് ഓം ഇതി ഉദാഹൃത്യ എന്ത് കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഓം യെസ് എന്ന് പറഞ്ഞാൽ ഓം ശരി ഓം ഹൃത്തി യദാനപ്രിയവർത്തേ വിധാനോക്ത സതം ബ്രഹ്മവാദി അവിടെ പ്രവർത്തിക്കുന്നു ആരംഭിക്കുന്നു അടുത്തത് തതിയഭിസന്ധലം യ ും ഉച്ചരിച്ചുകൊണ്ട് കർമ്മഫലത്തിനെ ഇച്ഛിക്കാതെ അനഭിസന്ധലം യ തപഃക്രിയ യജ്ഞം തപസ് മുതലായിട്ടുള്ളവയൊക്കെ ക്രിയകളൊക്കെ തന്നെ ദാനക്രിയകളും മോക്ഷകാംക്ഷികളായിട്ടുള്ളവർ തത് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യണം ഇപ്പൊ ഓം ഐ തദ് സത് ഈ മൂന്നും ഭഗവാൻ തന്നെ വ്യാഖ്യാനിക്കുകയാണ് അടുത്ത ശ്ലോകം നോക്കും प्रशस्ते പ്രയുജ്യത്തെ പ്രശസ്താവേച്ച് ഒരു വസ്തുവിന്റെ ഇരുപ്പിനെ കാണിക്കാനും നല്ലത് എന്ന് കാണിക്കാനും നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും സത് എന്ന പദം ഉപയോഗിക്കുന്നു പ്രശസ്തമായ കർമ്മങ്ങൾ വിവാഹം മുതലായ കർമ്മങ്ങളിലും സത് എന്ന പദം ഉപയോഗിക്കുന്നു പ്രശസ്തേ കർമ്മണി തഥാ സത് ശബ്ദ യുജ്യത്തെ ഓം തത് സത് എന്ന് പറയണതിന് ഈ മൂന്നിനും ചേർത്തി ഓരോരോ ശ്ലോകത്തിലും ഭഗവാൻ വ്യാഖ്യാനിക്കാണ് അടുത്ത ശ്ലോകം നോക്കൂ യേ തപസിദ സ്ഥിതി സതി കമ്മ ചീയ സദിത്യേവാധീയ തദ്തത് യജ്ഞതപ ആദി കർമ്മ അസാത്വികം വിഗുണമപി ശ്രദ്ധാപൂർവകം ബ്രഹ്മണ അഭിദാനത്രയ പ്രയോഗേണ സഗുണം സാത്വികം സമ്പാദിതം ഭാഷകാരൻ പറഞ്ഞു ഒരു കർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ ദൂഷ്യ ഉണ്ടെങ്കിൽ ആ കർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഓം തത് സയോഗം കൊണ്ട് സാത്വികം സമ്പാദിതംഭവത്തി അത് സാത്വികമാക്കി പരിണമിപ്പിക്കപ്പെടും യജ്ഞം തപസ് ദാനം അതിലൊക്കെ ഉള്ള സ്ഥിതിയെ സത് എന്ന് പറയുന്നു കർമ്മത്തിലും സതിയത്തെ ഇത്രയും പറഞ്ഞ് അവസാന ശ്ലോകം സർവം സമ്പാദ്യതയെസ്മാസ്മാഹിമയെ പറയാണ് അശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് അസദ്ായിട്ട് തീരും ശ്രദ്ധയോട് ചെയ്താൽ അത് ഓം തപ് സായിട്ട് തീരും അവസാന ശ്ലോകം നോക്കാം അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതംയത്ത് അസതി അശ്രദ്ധയാവനം കൃതം ദത്തണേ്യപ തനുഷ്തം അശ്രദ്ധയാ തദ്ധയാമസ്കാരാ തത്സവം അസദിതി ഉച്യത്തെ മത്പ്രാപ്തിസാധനമാർഗാഹ്യത് ഹേ പാർ ന ബഹു ആയാസമി പ്രേത്യഫലായ നോ അബിഹാർത്ഥം സാധുബിഹി നിന്ദിതം ഒരു കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതെ ഹോമം ചെയ്തു ശ്രദ്ധയില്ലാതെ ദാനം ചെയ്തു ശ്രദ്ധയില്ലാതെ തപസ് ചെയ്തു ശ്രദ്ധയില്ലാതെ ഒരു കർമ്മം ചെയ്താൽ അത് അസത് അത് ഇവിടെയും പ്രയോജനമില്ല അർജുന പരത്തിലും പ്രയോജനമില്ല അതിവിടെ ഒരു സുഖം കൊടുക്കാൻ പോണില്ല പരത്തിലൊരു സുഖം കൊടുക്കാൻ പോണില്ല അതുകൊണ്ട് ശ്രദ്ധയാ ശാസ്ത്രപ്രമാണമനുസരിച്ച് കർമ്മം ചെയ്യണം ശാസ്ത്രപ്രമാണമനുസരിച്ചുള്ള ഭാവനയോടുകൂടെ കർമ്മത്തിൽ പ്രവർത്തിക്കണം അപ്പോഴാണ് ആ കർമ്മം ചിത്തശുദ്ധിയെ ആത്മജിജ്ഞാസയെ ബ്രഹ്മ ഉണ്ടാക്കും ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടായിക്കഴിഞ്ഞാൽ സദ്ഗുരുവിന്റെ പ്രാപ്തി ഉണ്ടാകും ഗുരു ഉപദേശഫലമായിട്ട് നമ്മൾക്ക് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള അപരോക്ഷമായ സ്വാനുഭൂതി ഉണ്ടാകും ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല എന്നെല്ലാം തള്ളിക്കളഞ്ഞ് ഈ അഹങ്കാരത്തിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ ആരാഞ്ഞ് നോക്കുമ്പോൾ ഈ അഹങ്കാരം അഖണ്ഡമായി എല്ല അതിരില്ലാത്ത പൂർണമായ ശുദ്ധപ്രജ്ഞയായിട്ട് ബോധമായിട്ട് ബ്രഹ്മമായിട്ട് ഹൃദയത്തിൽ പ്രകാശിക്കും അതാണ് എന്റെ സ്വരൂപം എന്ന് അറിയുമ്പോൾ തത് സത് ആയി അത് സത്താണ് അത് പൂർണമാണ് അത് തത്താണ് ആ തദ്വസ്തു തന്നെയാണ് ത്വം പദാർത്ഥമായിട്ടുള്ളില് ജീവനായിട്ട് ഞാൻ എന്നുള്ള അഭിമാന രൂപത്തിൽ തോന്നണത് ആ അഭിമാനത്തിന്റെ സ്വരൂപത്തിനെ നോക്കുമ്പോൾ അഭിമാനം വാസ്തവമല്ല അഖണ്ഡ ശുദ്ധ പ്രജ്ഞാ ബോധം അവിടെ പ്രകാശിക്കും ഇതാണ് ഗീത താത്പര്യം ഇതിനാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഭഗവതർപ്പണം ചെയ്യണത് ഈ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഇവിടെ ഗീത ശ്രവണം ചെയ്യാനുള്ള ഒരു ഈ യജ്ഞം ചെയ്യാനും നമുക്ക് ശ്രവണം ചെയ്യാൻ ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു ഇത് അനേക വർഷങ്ങളായിട്ട് ഒരേ സമ്പ്രദായത്തിൽ നടന്നുവരുന്ന ഒരു സഭയാണ് ഞാൻ തന്നെ ഇവിടെ പതിനെട്ടാമത്തെ വർഷമാണ് പതിനെട്ട് വർഷം ആവാറായി ഇനിയും അവിഛിന്നമായിട്ട് ഇത് ഈ എത്ര പേർക്കാ പ്രയോജനപ്പെടുന്നത് അടുത്ത വർഷം നമ്മളിവിടെ ഗീത പതിനെട്ടാമത്തെ അധ്യായം പൂർത്തി ചെയ്യാണ് അതിനും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വിചാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഭഗവാൻ നമുക്ക് സന്ദർഭമൊരുക്കും ഏതായാലും ഈ ശ്രവണം ചെയ്ത എല്ലാവർക്കും മനസ്സിന് ശാന്തിയും ധർമ്മത്തില് രുചിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പതിവ് പോലെ നാമസങ്കീർത്തനത്തോടുകൂടെ നിർത്തും സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോണറിംഗണലോലമ പരമായാസം മായാക്കതാകാരമുനാരംമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ോവിന്ദം പരമാനന്ദം ഭജ ഗോവിനന്ദോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം മൃത്സ്നത്സീഹേതി താടനശൈശവസന്സം വ്യതി ോകലോകോകർദോക ലോകത്രയ പുരമൂല സ്തം ലോകമനോകം ോകേശം പരമേഷണമോവിനന്ദോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദ യ മ ആത്മാവസി ത്വമ തോന്നം മമ കിഞ്ചിദസ്തിയേഷ്ടം കൂടുമാത്മനം രമണം ഭ